ഇഹലോകത്തിലും പരലോകത്തിലും അനാഥകളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഉത്തമം നിങ്ങൾ അവരുമായി ഇടപഴകുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നന്മ ചെയ്യുന്നവനെയും തിന്മ ചെയ്യുന്നവനെയും അള്ളാഹു സുബഹാനഹുവല അറിയുന്നു അള്ളാഹുസുബഹാനഹുവത്തായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമായിരുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനഹുവായാല പ്രതാപശാലിയും യുക്തിമാരുമാണ്